മൂസ അലിഹിസ്ലാമിനു ശേഷം ഇസ്രായേൽ സന്തതികളിലെ പ്രമുഖരെ നീ കണ്ടില്ലേ അവർ തങ്ങളുടെ ഒരു പ്രവാചകനോട് പറഞ്ഞു അള്ളാഹു സുബഹാനുഹൂവറ്റ ആല തൻറെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്കൊരു രാജാവിനെ നിയോഗിക്കണമേ അദ്ദേഹം ചോദിച്ചു യുദ്ധം നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടാൽ നിങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കാൻ സാധ്യതയുണ്ടോ അവർ പറഞ്ഞു ഞങ്ങളുടെ വീടുകളിൽ നിന്നും മക്കളിൽ നിന്നും ഞങ്ങൾ പുറത്താക്കപ്പെട്ടിട്ടും അള്ളാഹുസുബഹാനുഹൂവറ്റ ആലാ തൻറെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യാതിരിക്കാൻ ഞങ്ങൾക്ക് എന്ത് കാരണമാണുള്ളത് എന്നാൽ യുദ്ധം അവർക്ക് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ അവരിൽ കുറച്ചുപേരൊഴികെ എല്ലാവരും പിന്തിരിഞ്ഞു അക്രമികളെക്കുറിച്ച് അള്ളാഹു സുബാനഹുവറ്റയാല എല്ലാം അറിയുന്നവനാകുന്നു